നിങ്ങളെ തൃപ്തിപ്പെടുത്തുന്നതിനായി അവർ അള്ളാഹു സുബഹാനുഹൂവറ്റ് ആലായെ കൊണ്ട് സത്യം ചെയ്യുന്നു അവർ സത്യവിശ്വാസികളാണെങ്കിൽ അള്ളാഹു സുബഹാനുഹൂവറ്റ് ആലായേയും അവൻറെ ദൂതനെയും തൃപ്തിപ്പെടുത്തുന്നതിനാണ് അവർ കൂടുതൽ അർഹതയുള്ളത്